ഇഹലോകത്തോ പരലോകത്തോ അള്ളാഹുസുബാനുഹൂവത്തായാലാ തന്നെ സഹായിക്കില്ല എന്നാരെങ്കിലും കരുതുന്നുവെങ്കിൽ അവൻ ആകാശത്തേക്കൊരു കയർ നീട്ടട്ടെ പിന്നീടത് മുറിക്കട്ടെ എന്നിട്ടവൻ നോക്കട്ടെ തൻറെ തന്ത്രം തൻറെ ദേഷ്യത്തെ മാറ്റുന്നുണ്ടോയെന്ന്